നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ നയൻ ഫൈവ് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന വ്യാഴഗ്രഹത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് വ്യാഴത്തിനെ പറ്റി പറയുമ്പോൾ ഒരു വ്യക്തി പേഴ്സണലായിട്ട് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു അദ്ദേഹം പറഞ്ഞത് വ്യാഴഗ്രഹം ഭൂമിയിലേക്ക് വരുന്ന വ്യാഴമെന്ന ആ ഗ്രഹം പ്ലാനറ്റ് ഭൂമിയിലേക്ക് വരുന്ന നിരവധി ചിഹ്നഗ്രഹങ്ങളെ ചെറിയ ചെറിയ ചെറിയ ഗ്രഹങ്ങളെ ചെറുതെന്ന് പറഞ്ഞാൽ നമ്മൾ പാറക്കല്ലിൻ്റെ വലിപ്പം എന്നല്ല ഉദ്ദേശിക്കുന്നത് പലതും ഭൂമിയുടെ പകുതി വലുപ്പമൊക്കെ ഉള്ള കഷ്ണങ്ങളും അതുപോലെ തന്നെ ചെറിയ ചിഹ്നഗ്രഹം എന്നാണേൽ പറയാം അങ്ങനെയുള്ള ഗ്രഹങ്ങളെ ഭൂമിയിലേക്ക് അവർ വരുമ്പോൾ വ്യാഴത്തിൻ്റെ ആകർഷണ ശക്തി കൊണ്ട് വ്യാഴം അതിനെ ഭൂമിയിലേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്നുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായി അതൊന്ന് ഗ്രൂപ്പിൽ പറയണം എന്ന അദ്ദേഹം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചതാണ് കാരണം വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് അതുകൊണ്ടുതന്നെ വ്യാഴത്തിൻ്റെ ആകർഷണ മണ്ഡലവും കൂടുതലാണ് ഇപ്പോൾ സൂര്യൻ ഏറ്റവും കൂടുതൽ ആകർഷണ ശക്തി ഉള്ളത് സൂര്യനായതുകൊണ്ടാണ് നവഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കണത് ആ ആകർഷണം എന്ന് പോകുന്നു അന്നേ ഗ്രഹങ്ങളൊക്കെ സൂര്യനിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ നമ്മളൊരു കല്ലെടുത്തിട്ട് അതിൽ കയറ് കെട്ടി എന്നിട്ട് ആ കയർ പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ആ കല്ല് നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും എപ്പോഴാണോ കയർ അഴിഞ്ഞു അപ്പോൾ ആ കല്ല് തെറിച്ചു പോകും എപ്പോഴാണോ കയറ് നമ്മൾ കയ്യിൽ നിന്ന് വിട്ടത് അപ്പോഴും കല്ല് തുറച്ചു പോകും അതുപോലെ സൂര്യൻ്റെ ആകർഷണ ശക്തി വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നത് അതുപോലെ ഓരോ ഗ്രഹത്തിനും ആകർഷണശക്തിയുണ്ട് ഭൂമിയുടെ ആകർഷണശക്തി വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലും ഓക്സിജൻ എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട് പക്ഷേ ഭൂമിയുടെ ചുറ്റും ഓക്സിജൻ ഈ ഭൂമിയുടെ ആകർഷണശക്തി ഉള്ളതുകൊണ്ടാണ് നിലനിൽക്കുന്നത് ഒരു കല്ല് മോളി കിട്ടാതെ ആഴത്തേക്ക് വരുന്നതൊക്കെ ആകർഷണ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ആകർഷണ വളരെ വലുതാണ് കാരണം വ്യാഴം ഭൂമിയേക്കാൾ എത്രയോ വലിയ ഗ്രഹമാണ് എത്രയോ വലുത് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ടുതന്നെ ഭൂമിയിലേക്ക് വരുന്ന പല വലിയ വലിയ വ്യാഴം ആകർഷിച്ച് ഭൂമിയെ രക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതിനെ നമ്മൾ താത്വികമായിട്ട് ചിന്തിച്ചാൽ വളരെ ശരിയാണെന്ന് മനസ്സിലാവും കാരണം നമുക്കുണ്ടാവുന്ന എല്ലാവിധത്തിലുള്ള ദോഷങ്ങളെയും എല്ലാവിധത്തിലുള്ള ഈ ഉൽക്ക പോലുള്ള അല്ലെങ്കിൽ ഈ ചിഹ്നഗ്രഹം എന്ന പേരിലുള്ള എല്ലാവിധത്തിലുള്ള ആ ഒരു തടസ്സങ്ങളെയും നീക്കിക്കളയാനുള്ള ഒരു ശക്തി ഈ വ്യാഴത്തിനുണ്ടാവും വ്യാഴം അഥവാ ഗുരുവാണ് വ്യാഴം അപ്പം ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ ഗുരുത്വമുണ്ടെങ്കിൽ ഗുരുത്തം കെട്ടവനല്ലെങ്കിൽ അല്ലെങ്കിൽ ഗുരുത്തം കെട്ടവളല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന എല്ലാവിധത്തിലുള്ള ആപത്തുകളും നമ്മളിൽ നിന്നും ഒഴിവാക്കി കളയാനുള്ള കഴിവ് സാക്ഷാത് മഹാഗുരുവായിട്ടുള്ള വ്യാഴത്തിനുണ്ട് അല്ലെങ്കിൽ ഗുരുത്വമുണ്ടെങ്കിൽ ഒരപത്തും നമ്മളെ ബാധിക്കില്ല എന്നർത്ഥം ഒരു തരത്തിലുള്ള ആപത്തും നമ്മളെ ബാധിക്കില്ല ഗുരുത്വമുണ്ടെങ്കിൽ ഗുരു കടാക്ഷമുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ തന്നെ ഭാരതത്തിലെ എല്ലാറ്റിനും മേലെ ഉണ്ടാവേണ്ടത് ഗുരുത്വമാണ് ഗുരുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം എല്ലാത്തിനേക്കാൾ മേൽ ഗുരു കടാക്ഷം തന്നെയാണ് വേണ്ടത് നിങ്ങൾക്ക് ഗുരുക്കുണ്ടെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ലയെന്നാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും ഗുരുവന്ദനത്തോടു കൂടി തുടങ്ങാനുള്ള കാരണം ഇപ്പോൾ ഒരു പൂജ തുടങ്ങുകയാണെങ്കിൽ ശരി പൂജയ്ക്ക് ഇരുന്നാൽ ആദ്യം ജലന മന്ത്രം ഗുഗുരുഭ്യവ നമാം രണ്ടാമത് ചലനത് ഗംഗണപതിയോ നമാണമാണ് അത് ശ്രീകോവിലിൻ്റെ ഉള്ളിലാണെങ്കിലും ഹോമകുണ്ഡത്തിൻ്റെ അടുത്താണെങ്കിലും ശ്രീകോവിലിൻ്റെ പുറത്താണെങ്കിലും കളം വരച്ചിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും ആദ്യത്തെ മന്ത്രം ഗുരുഭ്യോന്നമാണ് ഗുരുവിന് അത്ര പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ രണ്ട് വിളക്കുകളുണ്ടെങ്കിൽ ഇടത് ഗുരു വലത് ഗണപതി ഇതാണ് സങ്കല്പം അതായത് ഗുരു എന്ന സങ്കല്പത്തിന് പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യം ഗുരുവിന് കൊടുത്ത മറ്റൊരു സംസ്കാരം ലോകത്തിലുണ്ടോയെന്ന് സംശയമാണ് ഉണ്ടാവില്ല അത്ര അതുകൊണ്ടാണ് നമ്മളുടെ ഗുരുപരമ്പര അസാധ്യമാണ് സുധാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മത് ആചാര്യ പര്യന്തം അന്തേ ഗുരുപരമ്പരാം സുധാശിവനിൽ നിന്നും തുടങ്ങി ശങ്കരാചാര്യനിലൂടെ കടന്നു പോയിട്ട് എൻ്റെ ആചാര്യലെത്തി നിൽക്കുന്ന ഗുരുപരമ്പരകൾക്ക് നമസ്കാരം ഈ ഗുരുപരമ്പരകളുടെ മുഴുവൻ പ്രതിനിധിയാണ് വ്യാഴം വ്യാഴത്തിൻ്റെ ദേവഗുരുവാണ് വ്യാഴം ദേവന്മാരുടെ ആചാര്യനാണ് വ്യാഴം അതായത് ബൃഹസ്പതി എന്നാണ് വ്യാഴത്തിൻ്റെ പേര് ദേവൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഈശ്വരനാണ് അർത്ഥം അപ്പം എല്ലാവരും മഹം ബ്രഹ്മാസ്മി എന്നാണ് പറയുന്നത് നമ്മളുടെ നമ്മളെല്ലാം ബ്രഹ്മമാണ് നമ്മളെല്ലാം ഈശ്വര ചൈതന്യമുള്ളവരാണ് അപ്പോൾ സാത്വിക ഗുണമുള്ളവരെ സാത്വിക സ്വഭാവമുള്ളവരെ ഒക്കെ നമ്മൾ ദേവന്മാരായിട്ട് കണക്കാക്കണം അപ്പോൾ ഭൂമിയിലുള്ള എല്ലാ സാത്വിക ഗുണങ്ങളുമുള്ള ദേവസ്വഭാവം കൂടുതലുള്ള ദൈവികത്വം കൂടുതലുള്ള എല്ലാവരുടെയും ഗുരു വ്യാഴാണ് അപ്പം അതുകൊണ്ടുതന്നെയാണ് വ്യാഴം ഭാഗ്യത്തിനെ സൂചിപ്പിക്കുന്ന ഗ്രഹം ഭാഗ്യം വ്യാഴമാണ് തരുന്നത് വ്യാഴം ഭാഗ്യം തരണമെന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളിലുമുള്ള ഗുരു കടാക്ഷം ഗുരുത്വം അല്ലെങ്കിൽ ഗുരു സാന്നിധ്യം മുഴുവൻ നമുക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നർത്ഥം നമുക്കനുകൂലമായിട്ട് ഗുരു കടാക്ഷവും ഭൂമിയിലുള്ള സമസ്ത ജീവജാലങ്ങളുടെയും ഗുരുത്വവും നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും ഭാഗ്യം ഉണ്ടാകും അതുകൊണ്ടുതന്നെ ജാതകം ഭാഗ്യമുണ്ടോ ജാതകത്തിൽ ഭാഗ്യമില്ലേ ഇത് എല്ലാം നമ്മൾ വ്യാഴത്തിനെ കൊണ്ട് പ്രധാനമായിട്ടും ചിന്തിക്കുന്നുണ്ട് അതായത് അതുകൊണ്ട് തന്നെയാണ് സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും വ്യാഴത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം ഈ ഒരു വിശാലമായ ഗുരു എന്ന സങ്കല്പം തന്നെയാണ് അത്ര പ്രാധാന്യം നമുക്ക് ഗുരുവിനുണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്പം അതുകൊണ്ടുതന്നെ വ്യാഴപ്രസാദം വ്യാഴത്തിനെ സ്മരിക്കുക വ്യാഴത്തിനെ പ്രാർത്ഥിക്കുക ഈ വ്യാഴത്തിന് നമ്മൾ മഹാവിഷ്ണുവായിട്ടും സങ്കല്പിച്ചിട്ടുണ്ട് വ്യാഴപ്രസാദമുണ്ടാവാൻ വിഷ്ണു ഭജനാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് വിഷ്ണുവിനെ ഭജിക്കാതെ ദേവത ഭജനമെന്ന അധ്യായത്തിൽ ഞാൻ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ആ സമയത്ത് പറയാൻ പറ്റും നവഗ്രഹ ആരാധന എന്നുള്ള വലിയൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ പറയാൻ പറ്റും എന്തായാലും നമ്മുടെ ജീവിതത്തിലെ ജാതകം നോക്കുമ്പോഴും ഒക്കെ ആ വ്യാഴത്തിൻ്റെ പ്രസാദം വ്യാഴം എവിടെ നിൽക്കണു വ്യാഴം ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ട് ജ്യോതിഷ വിഭാഗം കൈകാര്യം ചെയ്യാറുണ്ട് എന്തായാലും വ്യാഴത്തിനെ പറ്റിയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ചില അനുമാനങ്ങളാണ് അല്ലെങ്കിൽ പ്രഭാഷണമാണിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഒരു ബേസിക്കായ ഒരു ചില വിവരങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അടിസ്ഥാനപരമായിട്ട് എന്താണ് സൂര്യൻ എന്താണ് ചന്ദ്രൻ എന്താണ് വ്യാഴമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇതിൽ ഇതിൽ ഓരോന്നിൻ്റെയും ഫലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പിന്നീട് ചിന്തിക്കേണ്ടതാണ് എന്നാലും നവഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കണേൻ്റെ ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ പറയുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജ്യോതിഷം പഠിക്കൽ എല്ലാ ഉദ്ദേശം നവഗ്രഹം എന്ന കൺസെപ്റ്റിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായ ഉദ്ദേശം ഇനി നമുക്ക് അടുത്ത ഗ്രഹമായിട്ടുള്ള ബുധനിലേക്ക് കടക്കാം അടുത്ത ദിവസം നമസ്കാരം